ധ്യായം രണ്ട് ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവ് ആയിരിക്കണം അവൻ അതിന്മേൽ എണ്ണയൊഴിച്ച് കുന്തിരിക്കവും ഇടണം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരേണം അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരിക്ക മുഴുവനും എടുക്കണം പുരോഹിതൻ അത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം എന്നാൽ ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ ഇത് അതിവിശുദ്ധം അടുപ്പത്തു വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവുകൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത നേരിയ മാവുകൊണ്ട് ആയിരിക്കണം അത് കഷ്ണം കഷണമായി നുറുക്കി അതിന്മേൽ എണ്ണ ഒഴിക്കണം അത് ഭോജനയാകും നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് ഉണ്ടാക്കേണം ഇവ കൊണ്ട് ഭോജനയാഗം നീ യഹോവയ്ക്ക് കൊണ്ടുവരേണം അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയും അവനത് യാഗപീഠത്തിങ്കൽ കൊണ്ടുപോകുകയും വേണം പുരോഹിതൻ ഭോജനയാഗത്തിന്റെ നിവേദ്യമെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യ വാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരൂനും പുത്രന്മാർക്കും ഇരിക്കണം അത് യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി പുളിച്ചതൊന്നും യാതൊരു വക യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത് അവ ആദ്യ ഫലങ്ങളുടെ വഴിപാടായി യഹോവയ്ക്ക് അർപ്പിക്കാം എങ്കിലും സൌരഭ്യവാസനയായി യാഗപീഠത്തിന്മേൽ അവ കയറരുത് നിന്റെ ഭോജനയാഗത്തിന് ഒക്കെയും ഉപ്പ് ചേർക്കണം നിന്റെ ദൈവത്തിന്റെ നിയമത്തിൻ ഉപ്പ് ഭോജനയാകത്തിന് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ്ണം നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാകം യഹോവയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ കതിർച്ചൂട്ട് ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം അതിന്മേൽ എണ്ണയൊഴിച്ച് അതിന്മീതെ കുന്തിരിക്കവും ഇടണം അത് ഒരു ഭോജനയാഗം ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശയും കുന്തിരിക്കം മുഴുവനും പുരോഹിതൻ നിവേദ്യമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് ഒരു ദഹന യാഗം